ഏതായിരുന്നാലും ബഹുമാൻ്റെ മാലിം മാനേജ്മെന്റ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മാലിമുകൾ പരിശുദ്ധ ദീനിൻ്റെ മുഴു സമയ ഔപചാരി ഔപചാരിക സേവകരാണ് മുഴുവൻ സമയം ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട മാലിമുകൾ വളണ്ടറിലി ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് സമിതി അംഗങ്ങൾ ഈ രണ്ട് വിഭാഗവും ഒത്തുചേർന്ന് പ്രിയപ്പെട്ട മക്കളെ ദീനിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും ശ്രമകരമായ സേവനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വിദ്യാർത്ഥികളെ കാണാം ഉസ്താദുമാരെ കാണാം മാനേജ്മെന്റിനെ കാണാം രക്ഷിതാക്കളെ കാണാം ബഹുമാനപ്പെടുന്ന السائل والمعلم والمستمع والمحب لهم विज्ञानम ولي ولي ഖജനാവുകളാ ഓ മിഫ്താഹുഹാ അസ്-സവൽ ഫസ്അലു വിജ്ഞാനം തേടണം അന്വേഷിക്കണം അദ അന്വേഷികു വിജ്ഞാനം തേടുക ചോദിക്കുക നിങ്ങൾ അന്വേഷിക്കുക അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും ഇതിൽ നാല് വിഭാഗങ്ങൾ പ്രത്യേകം പ്രതിഫലത്തിന് അർഹരാകുന്നു ഒരു വിഭാഗം എൽമി ചോദിക്കുന്നവർ വിദ്യാർത്ഥികൾ ഈ വിജ്ഞാനം നൽകുന്ന മൊല്ലിമുകൾ അത് ശ്രദ്ധിക്കുന്നവർ മൊഹിബുലഹും വിജ്ഞാനപ്രേമികളായ ആരൊക്കെയുണ്ടോ അവരെല്ലാം ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് എന്ന് പറയുന്നത് വിജ്ഞാനപ്രേമികളായ വിജ്ഞാനത്തോടുള്ള ഒഴിമിനോടുള്ള അതിരറ്റ പ്രേമം കൊണ്ട് മാത്രം ഈ രംഗത്ത് സേവന നിരതരായിരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അല്ലിം സഹോദരങ്ങളും ബഹുമാന്യരായ മാനേജ്മെന്റ് സമിതി അംഗങ്ങളും വിദ്യാർത്ഥികളും ഒഴിമുമായി ബന്ധപ്പെട്ട എല്ലാവരും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് വിഷയഭവിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫ്ഹൽഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു വിജ്ഞാനമാണ് ദീനിന്റെ ജീവൻ അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിലൂടെ മാത്രമേ ദീൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഈ കാര്യത്തിൽ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വിഭാഗവും പ്രത്യേകമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നു ആമുഖമായി സൂചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള പത്തിലേക്ക് ഉള്ളതല്ല ആമുഖമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ബഹുമാന്യരെ മറ്റൊരു കാര്യം കൂടി ആമുഖമായി സൂചിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട ദീനിന്റെ സമീപനം അവകാശബോധങ്ങളെക്കാളേറെ അവകാശ ബോധങ്ങളെക്കാളേറെ ഉത്തരവാദിത്ത ബോധത്തിനാണ് ബഹുമാനപ്പെട്ട ദീൻ പ്രത്യേകമായ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും ഓരോരുത്തരോടും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ അവനവന്റെ ചുമതലകൾ അവനവന്റെ ബാധ്യതകൾ നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മുടെ ഓരോരുത്തരോടും ഏത് മേഖലയിലുള്ളവരോടും കണിഷ്യമായി കൽപ്പിക്കുന്നു ഇങ്ങനെ വരുമ്പോ ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വവും ചുമതലയും അവനവന്റെ ബാധ്യതകളും നിർവഹിക്കുമ്പോ സ്വാഭാവികമായും മറുകക്ഷിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് പരിശുദ്ധ ദീനിന്റെ സമീപനം അവകാശങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെട്ട് അവകാശ സമരങ്ങളല്ല അതിനേക്കാളേറെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർ നിർവഹിക്കുമ്പോൾ മറുകക്ഷിയുടെ അവകാശങ്ങൾ സ്വാഭാവികമായും സഫലമാക്കപ്പെടുന്നു അവിടെ സംഘർഷങ്ങളല്ല ശത്രുതകളല്ല വെറുപ്പുകളല്ല വിദ്വേഷങ്ങളല്ല അവിടെ സ്നേഹത്തിന്റെ ഐക്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാം കൂട്ടായ്മയാണ് സമൂഹത്തിൽ ഉണ്ടായിത്തീരുക ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് മക്കളോട് ഉള്ള ചുമതലകളും ശരിയായി നിർവഹിക്കുന്ന ഒരു പിതാവും കടപ്പാടുകളെ സംബന്ധിച്ചുള്ള ബോധ്യമുള്ള മക്കളും കൂടി ചേർന്ന ഒരു ബന്ധം ആലോചിച്ചു നോക്കുക അത് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് എന്നതുപോലെ തന്നെ മാനേജ്മെന്റും മൊല്ലിമുകളും മാനേജ്മെന്റ് അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട മൊല്ലിമീങ്ങൾ അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ചുമതല നിർവഹിക്കുന്നു ഇത് രണ്ടും കൂടി സംഗമിക്കുമ്പോ മനോഹരമായ ഒരു അവസ്ഥാ വിശേഷം സംജാതമാകുന്നു ഈ ഒരു സമീപനമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മാലിമുകളും മാനേജ്മെന്റും സ്നേഹപൂർണമായ സന്തോഷകരമായ പരസ്പരം സംതൃപ്തമായ ഒരു കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട ദീൻ വിഭാവന ചെയ്യുന്നത് അതാണ് നാം ആഗ്രഹിക്കുന്നതും ഈ സ്നേഹപൂർണമായ കൂട്ടായ്മയിലേക്ക് ഇത് ശക്തമാക്കാൻ അതിലൂടെ ദീനീരംഗം സമ്പുഷ്ടമാക്കാൻ അതിനുവേണ്ടി നമ്മുടെ മദ്രസ പ്രസ്ഥാനം വിജയകരമാക്കി തീർക്കാൻ ഒരു പത്ത് ഇന പരിപാടിയാണ് അലഹമില്ല ഇൻഷല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതെന്റെ ബഹുമാനപ്പെട്ട ഓരോ മദ്രസയുടെയും ഓരോ മഹല്യത്തിൻ്റെയും പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ക്യാമ്പ് അംഗങ്ങൾ ഓരോരുത്തരും ഈ പത്ത് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരവൻ്റെ പ്രദേശങ്ങളിൽ മഹല്ലത്തുകളിൽ മദ്രസകളിൽ ഈ പത്ത് കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കണമെന്നും വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് നീങ്ങുകയാണ് ഉത്തരവാദിത്ത ബോധമാണ് അള്ളാഹുസ്ബുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മൾ തീർക്കുന്നത് ഞാൻ തെളിവുകളിലേക്ക് പോവുകയല്ല ും എന്നുള്ള ഒന്നെയ്താൽ ഈ ഉത്തരവാദിത്ത ബോധത്തെ സംബന്ധിച്ച് കണ്ടെത്താൻ സാധിക്കും ഞാൻ ആ പത്ത് പോയിന്റിലേക്ക് പോകുന്നു ബഹുമാനപ്പെട്ടവരെ ഇത്ര സമയം വരെ ഉണ്ടാവുക ഒന്നാമതായി ശ്രദ്ധിക്കാനുള്ളത് മാനേജ്മെന്റും മോല്യമുകളും തമ്മിൽ ബഹുമാനപ്പെട്ട മഹല്യമുകൾ മാനേജ്മെന്റിനും മാനേജ്മെന്റ് മൊഹല്യമുകൾക്കും തികച്ചും പ്രോത്സാഹനവും സഹായകവും ആയിരിക്കണം നമ്പർ ഒന്ന് ഒന്ന് ഇത് ഓരോന്നും മണിക്കൂറുകൾ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ് ഈ പോയിന്റ് മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാവതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മൊഹല്യം സഹോദരന്മാർ ടീം സ്പിരിറ്റോടുകൂടി വക്രതിയും വളവും തിരിവും സ്പിരിറ്റോടുകൂടി ബഹുമാനപ്പെട്ട ദീനിനു വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രിയപ്പെട്ട നിഷ്കളങ്കരായ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രദേശത്തിന് വേണ്ടി ദീനിനു വേണ്ടി ആത്മാർത്ഥമായി കൂട്ടായി ഒന്നിച്ച് ശ്രമിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ട ബഹുമാന്യരായ മാനേജിനെ സംബന്ധിച്ച് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മദ്രസയുടെ കാര്യമോ ഉസ്താദുമാരുടെ കാര്യമോ ബന്ധപ്പെട്ട് രക്ഷിതാക്കളെ അഭിസംബോധന ചെയ്യാൻ ഒരു പ്രയാസവുമില്ല ഇത് നമ്മുടെ അനുഭവമാണ് ഈ സമൂഹത്തെ നാം രക്ഷിക്കേണ്ടതുണ്ട് ഈ സ്ഥാപനം വളർത്തിയെടുക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ ഇതിനോട് സപ്പോർട്ട് ചെയ്യണം സഹായം വേണം ഇതിൽ പങ്കുവഹിക്കണമെന്ന് പറയാൻ ബഹുമാനപ്പെട്ട മാനേജ്മെന്റിന് എളുപ്പം നൽകുന്നതാണ് ഏറ്റവും എളുപ്പം നൽകുന്നതാണ് ബഹുമാനപ്പെട്ടിമുകളുടെ ആത്മാർത്ഥമായ കൂട്ടായ ശ്രമം തിരിച്ച് പ്രിയപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം മുഹലിമുകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി നിർഭയം ഒരസ്വസ്ഥതയില്ലാതെ മാനസിക സംഘർഷമില്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ കുടുംബപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ചിന്തിച്ച് ടെൻഷനാവാതെ പൂർണ്ണ മനസ്സോടുകൂടി സ്വതന്ത്രമായി നിർഭയപൂർവം ഈ നാട്ടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ദീനിനു വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അവരുടെ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് മല്യമുകൾക്ക് ഒരുക്കി കൊടുക്കണം ഇത് രണ്ടും ഒന്നിക്കണം അല്ലേ ഇത് രണ്ടും ഒന്നിക്കണം ഒന്നാമതായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള പോയിന്റ് ഇതാണ് ബഹുമാനപ്പെട്ടവരെ ഒരുപാട് വിശദമാക്കേണ്ടതാണ് അതിലേക്ക് പോകുന്നില്ല രണ്ട് രണ്ട് പറയാം രണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വളരെ പ്ര പ്രബലമായത് മാത്രം പ്രസക്തമായത് മാത്രം തിരഞ്ഞെടുത്തു എന്നിട്ടത് പ്രിഫറൻസ് നൽകി മുൻഗണനാക്രമത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് മാനേജ്മെന്റും മാലിമുകളും പരസ്പരം സഹായകവും പ്രോത്സാഹനവുമായിരിക്കണം എന്നതാണ് ഇതിന്റെ മത്തിൽ രണ്ട് രണ്ട് ബഹുമാനപ്പെട്ട മാലിമുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ബോർഡ് കണിശമായും ഒരു മാലിം എന്ന് പറയുമ്പോൾ ഇന്ന ഇന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് കണിശമായും നിഷ്കർഷിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഒരു മാലിന്യനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശ്ചയിക്കപ്പെട്ട ക്വാളിഫിക്കേഷൻസ് നിശ്ചയിക്കപ്പെട്ട യോഗ്യതകളുണ്ട് പലതും അത് വിശദമാക്കണമെങ്കിൽ മണിക്കൂർ വേണം അതിലേക്ക് പോകുന്നില്ല വിശദം ആക്കുക എന്നത് നിങ്ങൾക്ക് വിട്ടുതരുന്നു ആവശ്യം വിശദമായി അന്വേഷിക്കുക ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് മാലിമുകൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ യോഗ്യതകളും എല്ലാ യോഗ്യതകളും അത് നേടിയെടുക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ആ പ്രത്യേകം ആ കാര്യത്തിൽ വളരെ സന്തോഷപൂർവ്വം താല്പര്യം കാണിക്കുന്നവരാവുക പ്രിയപ്പെട്ട ഉസ്താദുമാർ ഈ യോഗ്യതകൾ നേടിയെടുക്കാൻ താല്പര്യം കാണിക്കണം അതുപോലെ തന്നെ ഒരു ഉസ്താദ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പക്കൽ നിർബന്ധമായി ഇന്ന ഇന്ന രേഖകളൊക്കെ ഉണ്ടാകണമെന്ന് വിദ്യാഭ്യാസ ബോർഡും ജനറത്തു മുല്ലിമീനും നിഷ്കർഷിക്കുന്നുണ്ട് വളരെ വലിയ ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രേഖകളെല്ലാം ഓരോ ഉസ്താദിന്റെ പക്കലും ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുക അതിൽ പെട്ടതാണ് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ള ടി സികൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ അടിസ്ഥാനപരമായ രേഖകളാണ് ഈ കാര്യങ്ങൾ ഉസ്താദുമാരുടെ ഉണ്ടായിരിക്കുക ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ഉസ്താദുമാരെ നിയമിക്കുമ്പോഴും അവരെ പരിഗണിക്കുമ്പോഴും ഈ കാര്യങ്ങൾ അതിൻ്റെ അർഹമായ പരിഗണന നൽകിക്കൊണ്ട് അത് അംഗീകരിക്കുക ക്വാളിഫിക്കേഷനുള്ള യോഗ്യതയുള്ള അധ്യാപകർക്ക് അർഹമായ പരിഗണനകൾ നൽകുക എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഓരോ യോഗ്യതയും ഉണ്ടോ ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച വിധത്തിലുള്ള പരിഗണന എല്ലാ വിഷയത്തിലും വേദന വ്യവസ്ഥയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ബഹുമാനപ്പെട്ട മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടായിരിക്കുക ഒരു ഉസ്താദ് മറ്റൊരു സ്ഥലത്തിൽ നിന്ന് മാറി വരുമ്പോ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരിക്കുന്ന ടി അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടോ അന്വേഷിക്കുക അത് കാണണം യോഗ്യതാ സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കണം കണ്ടിരിക്കണം ഈ രൂപത്തിൽ വേണ്ടുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ പക്കൽ എം എസ് ആർ ഉണ്ടോ എം ഡ്യൂപ്ലിക്കേറ്റ് അദ്ദേഹത്തിന്റെ പക്കലുണ്ടാകും അതെല്ലാം ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഇത് നാം പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ ഇതൊരാവശ്യമാകുന്നുവെന്നും സമൂഹത്തിന് ഇതിനാവശ്യമുണ്ട് എന്നും ബഹുമാനപ്പെട്ട മഹല്യ്മുകൾക്കും അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ എന്തിനാണിത് നമ്മൾ അറിയണം ബഹുമാനപ്പെട്ടവരെ ക്വാളിഫിക്കേഷൻ ഉസ്താദുമാർക്കുണ്ടായാൽ അവർക്ക് ക്വാളിറ്റി ഉണ്ടാകും ക്വാളിറ്റി ഉണ്ടാകും അവർക്ക് ക്വാളിറ്റി ഉണ്ടായാൽ നമ്മുടെ കുട്ടികളിലേക്ക് സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അധ്യാപകരെ ക്വാളിറ്റി ഉള്ളവരാക്കി തീർക്കുക എന്നത് മാനേജ്മെന്റ് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു അതുകൊണ്ടുള്ള വലിയൊരു നേട്ടമാണ് യും വ്യാജന്മാരെയും വേർതിരിക്കുക എന്നത് നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ശരിയായ പ്രതിബദ്ധതയുള്ള ആളുകളും അല്ലാത്ത ആളുകളും വെറും തൊഴിൽ അന്വേഷകരായി കയറി ആളുകളുണ്ട് നമുക്കറിയാം ഒരു മല്യം ഈ കാര്യങ്ങളെല്ലാം ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നു ശരിയായിട്ട് എം എസ് ആർ വേണ്ടമാതിരി ചെയ്യുന്നു വരുമ്പോ ടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് കഴിവാ കഴിയുന്നതൊക്കെ അത് സ്വായത്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അല്ല പ്രതീക്ഷിക്കാം വിശ്വസിക്കാം ഇദ്ദേഹം ഈ പ്രസ്ഥാനത്തോടും ഈ സംഗതിയോടും തലീമിനോടും പ്രതിബദ്ധതയും കൂറുമുള്ള ആളാകുന്നു എന്ന് അല്ലാത്തവൻ ഇതിന്റെ പിന്നാലെ നടക്കൂല അപ്പൊ അത് രണ്ടും വേർതിരിക്കാനുള്ള മാനദണ്ഡമാണ് പ്രിയപ്പെട്ടവരെ ഈ കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ശ്രദ്ധിക്കുക എന്നത് അല്ലാതെ നോക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് നിഷ്കർഷിക്കുന്ന ഈ കാര്യങ്ങള് കാര്യങ്ങൾ അതിന് അതിന് മൂല്യം നൽകേണ്ടത് പ്രിയപ്പെട്ട മാനേജ്മെന്റ് പ്രിയപ്പെട്ട മൊല്ലിം സഹോദരന്മാർ ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട എല്ലാ യോഗ്യതകളും രേഖകളും അവനവന്റെ വേണമെന്നും പ്രസ്ഥാനത്തോടും ദീനീ താലീമിനോടും ഈ മേഖലയോടും തികഞ്ഞ കൂറും പ്രതിബദ്ധതയും ഉള്ളവരായി ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടുകൂടി ഈ സംഗമം സന്ദേശം നൽകുന്നു അപ്പോ ബഹുമാനപ്പെട്ട മാലിമുകൾ യോഗ്യതയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും മാനേജ്മെന്റ് അർഹമായ മൂല്യം അതിന് നൽകുകയും ചെയ്യുക ഇങ്ങനെയാണ് ഈ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടേണ്ടത് രണ്ട് അപ്പോ യോഗ്യതകളുടെയും മറ്റ് രേഖകൾ ബഹുമാനപ്പെട്ട മാലിമുകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടു കൂടി ഇത് നടന്നു കഴിഞ്ഞാൽ മറ്റു പത്ത് കാര്യങ്ങളും ഉണ്ടാകും ഇത് അതിൻ്റെ മർമ്മമാണ് ബഹുമാനപ്പെട്ടവരെ വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഞാൻ എല്ലാവരുടെയും സദക്ഷണിക്കുകയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ വിലപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കുകയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഓരോ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച ചേരും ആ യോഗത്തിൽ ഒരൊറ്റ യോഗത്തിലുമില്ല പുതിയ പുതിയ മദ്രസകൾ അംഗീകാരം തേടിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരാതെ ഒരൊറ്റ യോഗത്തിലുമില്ല അഞ്ചോ എട്ടോ പത്തോ പതിനഞ്ചോ മദ്രസകൾ ഓരോ യോഗത്തിലും പുതിയതായി അംഗീകാരം തേടിക്കൊണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കപ്പെടും അലഹമ്മില്ല ഇക്കാലം വരെ ഒരൊറ്റ യോഗത്തിലും അങ്ങനൊന്നും ഇല്ലാതിരുന്നിട്ടില്ല അങ്ങനെയുള്ള മദ്രസകൾ അപ്ലിക്കേഷൻ അവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിലുണ്ടാകും മാനേജർ അദ്ദേഹം പറയും ഇന്ന് പത്ത് മദ്രസകൾക്ക് പുതിയ അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് ഒരു മദ്രസ തിരിച്ചു വന്നിരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് മദ്രസ തിരിച്ചു വന്നിരിക്കുന്നു മൂന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് മദ്രസ തിരിച്ചു വന്നിരിക്കുന്നു അത് നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് മദ്രസ തിരിച്ചു വന്നിരിക്കുന്നു ഞും അതും ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇത് എല്ലാ യോഗത്തിലും ഉണ്ട് എന്നല്ല പക്ഷെ പല യോഗങ്ങളിലും ഉണ്ടാവാറുണ്ട് എല്ലാ യോഗങ്ങളിലും പുതിയ മദ്രസ്സുകൾക്ക് അംഗീകാരം തേടി വരാറുണ്ട് ചില യോഗങ്ങളിലൊക്കെ പല യോഗങ്ങളിലും തിരിച്ചു വരാറുണ്ട് അങ്ങനെ വരുമ്പോ തിരിച്ചു വരുന്ന മദ്രസ്സുകൾ എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് അന്വേഷിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ അവിടെ വായിക്കും അവിടെ വായിക്കുമ്പോ കേൾക്ക കേൾക്കാറുള്ള ഒരു സംഗതി ബഹുമാനപ്പെട്ട പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പാകെ ഒന്നു വെക്കലാണ് എന്റെ ഉദ്ദേശം അതിൽ പറയാ അതിൽ പറയാ ഞങ്ങൾ മാനേജ്മെന്റോ രക്ഷിതാക്കളോ നാട്ടുകാരോ അറിയാതെ മദ്രസയിൽ നിയമിക്കപ്പെട്ട ചില അധ്യാപകർ ചില അധ്യാപകരുടെ പ്രത്യേകമായ ശ്രമം കാരണം അവർ നമ്മുടെ അറിവ് കൂടാതെ നമ്മളറിയാതെ ചില ആളുകൾ ഇടക്ക് ചില അധ്യാപകർ അവർ അംഗീകാരം മറ്റ് ഭാഗങ്ങളിലേക്ക് പറിച്ചുനടുകയും അങ്ങനെ അംഗീകാരം നഷ്ടപ്പെടുകയും പോയ സന്ദർഭം പോയ സാഹചര്യം വളരെ വിശദമായി അതിൽ വിവരിക്കും അതുകൊണ്ട് അതുകൊണ്ട് വന്നു അപാകത പരിഹരിച്ചു കൊണ്ട് അത് മാപ്പാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ അംഗീകാരം പുനഃസ്ഥാപിച്ചു കിട്ടണമെന്ന് ആ ആപ്ലിക്കേഷൻ ഫോമിൽ അവർ അഭ്യർത്ഥിക്കും ഇതാണ് ഈ തിരിച്ചുവരവിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ ഫോം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇത് നാം പ്രത്യേകിച്ച് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട മദ്രസകൾ നമ്മുടെ ദീന സ്ഥാപനങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം ഇത് പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കണം ഇതിന് പ്രതിവിധിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം ഇതിന് പ്രതിവിധി അതാണ് ഞാൻ മൂന്നാമത്തെ പോയിന്റായി പറയുന്നത് മൂന്നാമത്തെ പോയിന്റായി പറയുന്നത് തിവിധിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ സംഗതി അതുപോലെ തന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ എന്തൊക്കെ ഉപദേശങ്ങളാണോ നിർദ്ദേശങ്ങളാണോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് മാലിമികളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ളത് നാട്ടുകാർക്കുള്ളത് ഇങ്ങനെ പല സർക്കുലറുകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ വിദ്യാഭ്യാസ ബോർഡിന്റെ ജമയത്രോലുമായ ജമയത്ര മാലിമീൻ്റെയൊക്കെ വരാറുണ്ട് ഇതൊക്കെ യഥാസ്ഥാനത്ത് അതിൻ്റെ സ്പിരിറ്റുൾ കൊണ്ടുകൊണ്ട് ഈ രംഗം പരിശുദ്ധമാക്കാൻ എല്ലാം ഇതെല്ലാം നടക്കാൻ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പരിഹാര മാർഗം ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം ബഹുമാനപ്പെട്ടവരെ പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു നമ്മുടെ ഓരോ മദ്രസയിലും ഇന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചാണെന്നെ ഓർമ്മ ഇത്രയും മദ്രസകളിൽ ബഹുമാനപ്പെട്ടവരെ ഓരോ മദ്രസയിലും നിയമിക്കപ്പെടുന്ന അവിടുത്തെ സ്വദർമല്യം അവിടുത്തെ മല്യം ശരിയായ ക്വാളിറ്റി ഉള്ളവതാവുന്നതോടൊപ്പം സംഘടനയോടും വീടിനോടും മാനേജ്മെന്റിനോടുമൊക്കെ പ്രതിബദ്ധതയുള്ള ആളായിരിക്കുക മൂന്ന് സ്വതൃസ്ഥ നമ്മൾ എന്ത് വില കൊടുത്തും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ സ്വദർ അദ്ദേഹം പ്രസ്ഥാനത്തോട് പ്രതിബദ്ധതയുള്ള ശരിയായ കൂറുള്ള ദീനിനോട് ഇഖ്ലാസ് ഉള്ള ഇവിടെ ഈ നമ്മുടെ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന സത്യസാക്ഷിയായ അടിവരയിട്ട് പറയട്ടെ സത്യസാക്ഷിയായ ഉസ്താദുമാരായിരിക്കുക ബഹുമാനപ്പെട്ടവരെ ഒരു നാട്ടിലെ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് അവിടുത്തെ കാരണന്മാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി അവരെ തീരുമാനിക്കുകയാണ് നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം മാറ്റി കൊടുക്കാം ഈ ബോർഡിൽ നിന്ന് മാറ്റി മറ്റൊരു ബോർഡിലേക്കാക്കി മാറ്റാം പറഞ്ഞാൽ നമ്മളാരും അതിനെ സംബന്ധിച്ചൊന്നും പറയില്ല ഉസ്താദന്മാരെ സംബന്ധിച്ചൊന്നും പറയില്ല അതെന്താ അവനാൻ്റെ യുക്തം പോലെ അവനാ ചെയ്യും ചെയ്തോട്ടെ എന്ന് പറയും പക്ഷേ ഞാൻ ശ്രദ്ധിക്കണം കേവലം മുസ്താദുമാരായി നിയമിക്കപ്പെട്ട ആളുകൾ കേവലം കളായി ജോലിക്കാരായി നിയമിക്കപ്പെട്ട ആളുകൾ മാനേജ്മെന്റ് അറിയാതെ നാട്ടുകാരറിയാതെ രക്ഷിതാക്കൾ അറിയാതെ ബഹുമാനപ്പെട്ടവരെ കാലങ്ങളായി ഈ സ്ഥാപനം തുടർന്ന് വരുന്ന അംഗീകാരവും അതിന്റെ പൈതൃകവും നശിപ്പിച്ച് മറ്റെവിടെങ്കിലും കൊണ്ടെത്തിക്കുന്നത് വഞ്ചനയല്ലെങ്കിൽ കടുത്ത വഞ്ചനയല്ലെങ്കിൽ മറ്റെന്താണ് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന പേര് കടുത്ത വഞ്ചന ഇതല്ലാതെ വേറെ എന്ത് പേര് ഇതിന് പറയും നേരെ മറിച്ച് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി രക്ഷിതാക്കളൊക്കെ കൂടി കൂടി തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കൊരു പരാതി ഇല്ല അത് അവനവന്റെ ഇഷ്ടിയാറ അത് അതവനവന്റെ യുക്താണ് പക്ഷെ ഇത് വഞ്ചനയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് സത്യസാക്ഷികളായ സത്യസാക്ഷികളായ ആളുകൾ ബഹുമാനപ്പെട്ട സ്വദൃസ്ഥാത് ഒരു സത്യസാക്ഷിയായ ഒരാളെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കീ പോയിന്റിലുണ്ടായാൽ പ്രിയപ്പെട്ടവരെ ഇത് നടക്കൂല നടക്കൂല പ്രതിവിധി ഇതല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യം എവിടുന്നൊക്കെ സർക്കുലർ ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ആരിൽ നിന്ന് ആരിലേക്ക് എത്തിക്കണോ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ ബഹുമാനപ്പെട്ട സ്വതൃസ്ഥാദ് സഹായകമാകും അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് സ്നേഹപൂർവം ഈ സദസ്സിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു ഇത് പറയുമ്പോ നമുക്കുണ്ടാവുക ആവശ്യമായ ആളുകളെ കിട്ടാനില്ലല്ലോ എന്നായിരിക്കും എന്നത് പ്രശ്നമാണ് അത് ബഹുമാനപ്പെട്ടവരെ നാം നമ്മളാണ് സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത എന്ന് ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പങ്ക് ഒന്നു ചേർന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത അതത് കാലത്ത് ഉള്ളതിൽ നിന്ന് ഏറ്റവും പരിശുദ്ധരായ ഉത്തമ വ്യക്തിത്വങ്ങൾ ബഹുമാനപ്പെട്ട സാധാത്തുക്കളും മഹലുമാക്കളുമായിട്ടുള്ള ഉത്തര ഉത്തമ വ്യക്തിത്വങ്ങൾ നേത്രസ്ഥാനത്തേക്ക് വരും ബഹുമാനപ്പെട്ട നേതൃത്വവും നമ്മളും ഒരു നിസ്കാരത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ എല്ലാവരും ഒരു ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോലെ ബഹുമാനപ്പെട്ട നേതൃത്വവും നമ്മളെല്ലാവരും ഒരൊറ്റ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവരാണ് അവർ ഇമാമുകളാണെന്ന് മാത്രം ബഹുമാനപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ജമാത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഈ സമസ്തയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കുക ബഹുമാനപ്പെട്ട മാലിന്യങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം മാനേജ്മെന്റ് ഏറ്റെടുക്കണം ഇത് എന്ത് ചെയ്യാൻ പറ്റും പ്രായോഗികമായ മാർഗം പറയാം ഇതെന്ത് ചെയ്യാൻ പറ്റും ഓരോ വർഷവും ഓരോ വർഷവും ഇത് ഞാൻ ഒരു പിന്നെ ഒരു ഒരു അഭിപ്രായം ഇവിടെ പ്രകടമാക്കുകയാണ് ഉത്തരവാദപ്പെട്ടവർ ഇത് ചിന്തിക്കണം എന്ന അപേക്ഷയോടുകൂടി ഒരഭിപ്രായം പ്രകടമാക്കുന്നു ബഹുമാനപ്പെട്ട ജമ്മിയത്തു അല്ലിമീൻ്റെ സെക്രട്ടറി ബഹാബുദ്ദീൻ കൂടിയേർന്നു സാഹിവിടെ ഉണ്ട് പിന്നെ വേറെ ബഹുമാനപ്പെട്ടവരൊക്കെ ഉണ്ട് മാനേജ്മെൻറ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരഭിപ്രായം പ്രകടമാക്കുകയാണ് ഓരോ പ്രദേശത്തും ഓരോ റേഞ്ചിലും ഓരോ റേഞ്ചിലും കഴിവുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിമാർ പ്രിയപ്പെട്ടവരെ അധ്യാപനം ശരിയായ ക്വാളിഫിക്കേഷൻ കരസ്ഥമാക്കിയിട്ടുള്ള എന്തെങ്കിലും സ്ഥലതൊക്കെ നേടിയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് നിഷ്കർഷിക്കുന്ന ക്വാളിഫിക്കേഷൻസൊക്കെ കരകമാക്കിയിട്ടുള്ള അത് കുറച്ചൊക്കെ അധ്യാപന പരിചയമുള്ള ആത്മവിശ്വാസമുള്ള ഒരു സ്വതൃസ്ഥാതായിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ബോധമുള്ള സഹ അധ്യാപകരായ ആളുകൾ സാധാരണക്കാരായ മോല്യമുകൾ ആ മൊല്യമുകളിൽ നിന്ന് സ്വയം കോൺഫിഡൻസുള്ള ഉത്തമവിശ്വാസമുള്ള സ്വയം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരിക ബഹുമാനപ്പെട്ടവരെ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് ഇവിടെ നാം ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് നിരോധനം ഇതുമായി നമ്മൾ ബന്ധിപ്പിക്കേണ്ടതില്ല നാം ആവശ്യമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹുന്റെ ദീനെ ഹിദമത് ചെയ്യാൻ വേണ്ടി നാം അതിന് തയ്യാറാവുകയാണ് സന്നദ്ധരാവുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ടിം സഹോദരന്മാർ കഴിവുള്ളവർ കോൺഫിഡൻസ് ഉള്ളവർ ആത്മവിശ്വാസമുള്ളവർ ഒന്നുകിൽ റേഞ്ചിലോ ജലിമിൻ ജില്ലാ സമിതിയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിലോ സംവിധാനമുണ്ടായി എവിടെയാ എവിടെയാണെങ്കിൽ സൗകര്യപ്പെടുന്നെങ്കിൽ അവിടെ സംവിധാനമുണ്ടാക്കി അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഞാൻ സ്വതൃമാല്യമായ സേവനം ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് അഭിപ്രായമുള്ള ആളുകൾക്ക് സഹാധ്യാപകർക്ക് അവർക്ക് ഓരോ വർഷവും ഇങ്ങനെ മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വർഷം അവസാനിക്കണതിന് മുമ്പ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക അങ്ങനെ കുറെ ആളുകളെ കിട്ടിയാൽ അവരെ ബോർഡ് ഓഫീസ് കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി ഒരു മൂന്നോ നാലോ ദിവസത്തെ ഒരു ഹിറസ്വകാല ട്രെയിനിങ് കോഴ്സ്വദർ സ്താദുമാരുണ്ടാക്കാനുള്ള ഒരു ഹിസ്വകാല ട്രെയിനിങ് കോഴ്സ് കൊടുത്തുകൊണ്ട് ദീനിനോടും വിദ്യാഭ്യാസ ബോർഡിനോടും പ്രസ്ഥാനത്തോടും ശരിയായ പ്രതിബദ്ധതയുള്ള കുറച്ച് ഉസ്താദുമാരെ സ്വതൃസ്ഥാദമാരെ ഓരോ വർഷവും ഒരു സ്വദർ ഉസ്താദ് ബാങ്ക് ഉണ്ടാക്കുക ഒരു സ്വദുസ്താദ് ബാങ്ക് അത് വിദ്യാഭ്യാസ ബോർഡിന്റെ പിന്നെ കേന്ദ്ര സമിതി തന്നെയാണെങ്കിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ ഓരോ ജില്ലാ ജമീത്തർ മാലിന്യനോ ഏത് ആരും ഏറ്റെടുത്താലും തിരക്കിടില്ല അല്ലെങ്കിൽ റേഞ്ചൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത് എങ്ങനെ ഏത് എന്നതൊക്കെ ചിന്തിച്ച് തീരുമാനിക്കുക ഏതായാലും ശരി ഇങ്ങനെയൊരു സ്വതർ ഉസ്താദ് ബാങ്ക് ഉണ്ടായിരിക്കുക ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന് നമുക്കൊരു സ്വതറിന് വേണം എന്ന് വന്നാൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ സമിതിയുമായി ബന്ധപ്പെട്ട് പാകമുള്ള ആളെ കിട്ടുന്ന സാഹചര്യം വേണം അത് സെക്കൻഡറി മദ്രസ് പാകപ്പെടുന്ന സഹർ ഉസ്താദ് വേണം യു പി മദർസക്ക് വേണം എൽ പി മദ്രസ് വേണം ഇങ്ങനെയുള്ള സ്വഹുസ്താദുമാര് സൃഷ്ടിച്ചെടുക്കുക ഇതിന് ബഹുമാനപ്പെട്ട മാലിന്യങ്ങളുടെ ഭാഗത്ത് സഹകരണം ഓരോരുത്തരും അവനവനെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കി ഈ രംഗത്തേക്ക് കടന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ആത്മാർത്ഥമായി പടച്ചുറപ്പിന്റെ വചന ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ടവരെ നമ്മുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുക നമ്മുടെ അറിവുകൾ വികസിപ്പിച്ചെടുക്കുക ബഹുമാനപ്പെട്ട ഓരോ മദ്രസയിലും സേവനം ചെയ്യുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഒരു സ്വദുസ്ഥാതായിക്കൊണ്ട് തന്നെ ദീനീരംഗത്ത് നേതൃത്വം നൽകാൻ എനിക്ക് കഴിയണം അതിനുള്ള കഴിവും നൈപുണ്യവും സാമർഥ്യവും തൻ്റെടവും എനിക്ക് കൈവരിക്കേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അതെന്തിനെ അള്ളാഹുന്റെ ദിനെ ഹിദമത് ചെയ്യാൻ മറ്റൊന്നുമല്ല സഹോദരങ്ങളെ നേതൃപരമായ രംഗത്ത് വേണം അതാണ് ഏറ്റവും വലിയ ഹിദുമത്ത് നേതൃപരമായ രംഗത്ത് ചെയ്യണം അത് ഏറ്റവും വലിയ ഹിദുമത്താണ് അത് സ്ഥാനമോഹമല്ല ഒരിക്കലുമല്ല അതുകൊണ്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട മാലം സഹോദരന്മാർ തൽപരരായിക്കൊണ്ട് മുന്നോട്ട് വരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് വസീയത് ചെയ്യുകയാണ് ഈ സന്ദേശം ഇതിന്റെ ആഴത്തിലേക്ക് അടിത്തട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് വസീയത്ത് ചെയ്യുന്നു ഇങ്ങനെ വരുന്ന ഉസ്താദുമാരക്ക് പ്രിയപ്പെട്ടവരെ ഈ രംഗത്തേക്ക് ഉസ്താദുമാർ കടന്നു വരാൻ ആകർഷകമായ അവസ്ഥാ മാനേജ്മെന്റ് സൃഷ്ടിക്കണം മാനേജ്മെന്റ് സൃഷ്ടിക്കണം ഒരു മദ്രസയില് ഉസ്താദുമാർക്ക് ശമ്പളം നിശ്ചയിക്കുമ്പോ മറ്റെല്ലാവർക്കും ഇത്ര സ്വതൃസ്ഥാൻ ഒരു അൻപത് ഒരു അൻപത് റുപ്പിയറക്കട്ടെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് എൺപത് റുപ്യല്ല നൂറ് റുപ്യ ബഹുമാനപ്പെട്ടവരെ അത് പോയിട്ട് സ്വദർ സ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട സ്വതൃസ്ഥാദിന് പ്രത്യേകമായൊരു പരിഗണന കൊടുത്തുകൊണ്ട് ആകർഷകമായ പരിഗണന നിലവാരം കൊടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് കഴിവുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു സമീപനം ബഹുമാനപ്പെട്ട മാനേജ്മെന്റിന്റെ ഭാഗത്തിന് ഉണ്ടായിരിക്കുക ഗണ്യമായൊരു മാറ്റം വേണം ഗണ്യമായൊരു മാറ്റം നേതൃപരമായ സേവനമാണ് ചെയ്യുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇങ്ങനെ മെക്കാനിക്കലി നോക്കിയിട്ടല്ല നേതൃപരമായ സേവനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് വളരെ വിലപ്പെട്ടതാണ് ബാക്കി ഒമ്പതാളുകളുടെയും കഴിവുകളെ ഇവിടെ ഉപയോഗപ്പെടുത്തുക ഈ പത്താമത്തെ സ്വതൃസ്ഥാതായിരിക്കും അതുകൊണ്ട് നേതൃപരമായ സ്ഥാനം എന്ന് പറയുന്നത് അതൊരു കീ പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ അതിന് അർഹമായ പരിഗണന നൽകി ആകർഷകമായ അവസ്ഥ സൃഷ്ടിക്കണം മാനേജ്മെന്റ് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാനുഭവ അതിനൊക്കെ പറ്റുന്ന സാഹചര്യം തരട്ടെ പറയട്ടെ ശരിക്കു വേണ്ടിയിരുന്നത് എന്താ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓരോ പ്രതിനിധിയായി ഓരോ മദ്രസയിലും ഓരോ സ്വദൃസ്ഥാദിനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ല നമ്മൾ അഭിലഷിക്കാം ആഗ്രഹിക്കാം പക്ഷേ പ്രായോഗികത നമ്മൾ പരിശോധിക്കണ്ടേ അവിടുന്ന് പോയിട്ട് ഒരു സ്വദൃസ്ഥാദിന്റെ ശമ്പളത്തിലേക്ക് ഒരു പത്തു രണ്ടായിരം ഉറപ്പിക്ക് ഒരു ഗ്രാൻഡായി തന്നെയെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ ഞാനിന്നലിങ്ങനെ കണക്കൂട്ടുമൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ മദ്രസുകൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു മാസത്തിന് രണ്ട് കോടി ഉറപ്പിക്ക രണ്ട് കോടി നടക്കുക നടക്കൂലോ സ്വദർ സ്ഥാദിന്റെ ശമ്പളത്തിലേക്ക് ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഇൻ വിശേഷനൊക്കെയുള്ള ഒരു സ്വദ്രസ്ഥാദിനെ ഒരു മദ്രസേനെ നിയമിച്ചാൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിലേക്ക് ബോർഡിൽ നിന്ന് ഒരു രണ്ടായിരം ഉറപ്പിക തരാം എന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ പ്രായോഗികത പരിശോധിക്കുമ്പോൾ രണ്ട് കോടി രൂപ ഓരോ മാസവും വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു കൊല്ലത്തെ മൊത്തം വരുമാനം ഒരു മാസത്തിനും തൈല ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ടവരെ ഈ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളാണ് എല്ലാവരും നമ്മളാണ് സമസ്ത ഓരോ മാനേജ്മെന്റും ഈ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സദർ ഉസ്താദു എന്ന ആ ഒരു പോസ്റ്റ് ഏറ്റവും ആകർഷകമാക്കി മാറ്റുക കഴിവുള്ളവരംഗത്തേക്ക് വരട്ടെ ബഹുമാനപ്പെട്ടുമുകൾ സ്വയം സന്നദ്ധരായി തയ്യാറാവുക വിദ്യാഭ്യാസ ബോർഡ് അവർക്ക് വേണ്ട പിന്നെ പരിശീലനം കൊടുക്കുക ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് അവർക്ക് അർഹമായ അംഗീകാരം നൽകി ആകർഷകമായ ഒരു പരിസര ഒരുക്കുക ഈ കാര്യത്തിൽ ഓരോ മദ്രസയുടെയും നേതൃത്വത്തിൽ സംഘടനയോട് പ്രതിബദ്ധതയുള്ള ധീനനോട് ശരിയായ കൂറുള്ള ഇഹ്ലാസ് ശരിയായ സദുസ്താദുമാർ മദ്രസയുടെ തലപ്പത്ത് വന്നാൽ ബഹുമാനപ്പെട്ടവരെ ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കാൻ കഴിയും മൂന്നാമതും ഏറ്റവും പ്രധാനവുമായ കാര്യം എനിക്കിതാണ് സൂചിപ്പിക്കാനുള്ളത് എനിക്കെന്നല്ല ഈ സെഷനിൽ ഈ ബഹുമാനപ്പെട്ട എൺപത്തിയഞ്ചാം വാർഷികത്തോട് ബന്ധപ്പെട്ട് നമ്മൾ കൂടിയിട്ടുള്ള ഈ സെഷനിൽ അവതരിപ്പിക്കപ്പെടുന്ന പത്ത് പോയിന്റ്സ് ആണ് അതിൽ മൂന്നാമതും ഏറ്റവും പ്രധാനം ഇതാണ് ണമെന്ന് ബഹുമാനപ്പെട്ട പ്രബുദ്ധമായ സദസ്സിനോട് സമൂഹത്തോട് വളരെ സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുന്നു നാല് നാല് സ്ഥാപന പുരോഗതിയിൽ ബഹുമാനപ്പെട്ട മാലും സഹോദരങ്ങളും സഹോദരങ്ങളുടെ ബഹുമാനപ്പെട്ട മാനേജ്മെന്റിന്റെ കൂട്ടായ്മ നമ്മൾ ഓർക്കണം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്ത് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ ഇത് ഓരോന്നും പറയുമ്പോൾ അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ സമയമല്ല ഒരു സ്ഥാപനത്തിന്റെ ഉള്ളും പുറവും ശരിക്കറിയുക അവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കാണ് എന്ത് ചെയ്യണം ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ശരിയായ വിധത്തിൽ അവരുള്ള സ്ഥാപനത്തെ ശരിയായി നിരീക്ഷിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ ഭൗതികവും അക്കാദമികവും പഠന ഫലപ്രാപ്തി ലക്ഷ്യമാക്കേണ്ടതുമായ സംഗതികൾ ഇതൊക്കെ പ്രധാനങ്ങളാണ് വിവരിക്കേണ്ടതാണ് ഒരു മദ്രസയുടെ ഭൗതിക സാഹചര്യങ്ങൾ അവിടെയുള്ള കുട്ടികളുടെ പഠന സൗകര്യങ്ങളും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ അവർ അനുഭവുന്നുണ്ടോ ഇല്ലേ പഠന ഫലം അത് ലഭ്യമാക്കുന്ന വിഷയത്തിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മാലിന്യം സഹോദരന്മാർ ശരിയായി ചിന്തിക്കുകയും ആശയങ്ങൾ രൂപപ്പെടുത്തുകയും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി ഈ അഭിപ്രായങ്ങൾ ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട സ്വദു ഉസ്താദുമായി ശരിക്കു ബന്ധപ്പെട്ട് സ്വദുറിന്റെ നേതൃത്വത്തിൽ ഉസ്താദുമാർ ചർച്ച ചെയ്ത് സുചിന്തിതമായ അഭിപ്രായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായത് നമ്മുടെ മക്കളുടെ പഠനം നന്നാക്കിയെടുക്കാൻ ഈ പഠിച്ച കുട്ടികളുടെ ധീ നന്നാക്കിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ കണ്ടെത്തി സ്വതു ഉസ്താദുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും പ്രസക്തമായത് മാത്രം അത് മാനേജ്മെന്റിന്റെ മുമ്പാകെ സമർപ്പിക്കുക മാനേജ്മെന്റിന് മുമ്പാകെ സമർപ്പിക്കുക ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ഇതിന്റെ ഉദ്ദേശുദ്ധി മുഖവിലക്കെടുക്കുക ബഹുമാനപ്പെട്ട ഉസ്താദുമാരും സ്വതവുസ്താദും ഒത്തുചേർന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അതിന്റെ മുഖവിലക്കെടുക്കുക ഉദ്ദേശുദ്ധി ശരിക്കും ഉൾക്കൊള്ളുക കമ്മിറ്റിയിൽ ശരിയായ വിധത്തിൽ അത് ചർച്ച ചെയ്യുക അതിൽ നിന്ന് എന്താണോ നമുക്ക് സ്വീകരിക്കാം സ്വീകരിക്കേണ്ടതായിരിക്കും പക്ഷേ ചിലപ്പോൾ സാമ്പത്തികമായ പരാധീനത കൊണ്ട് പ്രായോഗികമായി വിഷമങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ത് ചെയ്യണം സ്വീകരിക്കാവുന്നത് പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പ്രവൃത്തി പദത്തിൽ ഏതെങ്കിലും നമുക്ക് തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ ചില ചില അഭിപ്രായങ്ങൾ നമ്മൾ തള്ളേണ്ടി വരും അവരുടെ അഭിപ്രായത്തിൽ വേണം തോന്നി നമുക്ക് അത്ര അത്യാവശ്യം എല്ലാം തോന്നുന്ന മാനേജ്മെന്റ് ഉണ്ടാവും അപ്പോഴും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കൊള്ളുമ്പോ സന്തോഷത്തോടു കൂടി കൊണ്ട് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് നന്ദി കാണിക്കുക ഇനി തള്ളുന്നു അഭിപ്രായം എന്നിരിക്കട്ടെ അല്ലെങ്കിൽ നീട്ടിവെക്കുന്നു എന്നിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് അവരുടെ ഉദ്ദേശ ശുദ്ധി ചെയ്യാതെ നിങ്ങളുടെ ഈ പ്രവണത നിലനിർത്തണം നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ കണ്ടെത്തി എപ്പോഴും നിങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കണം പക്ഷെ എല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും എന്നാലും ഈ ശ്രമം നിർത്തരുത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എന്ത് ബഹുമാനപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് ഉസ്താദുമാർക്ക് പ്രചോദനം ലഭ്യമാവണം സംഗതി നടത്താൻ കഴിയില്ലെങ്കിൽ അതിന്റെ അപ്രായോഗികതയും നമ്മുടെ വീക്ക്നസ്സും എന്താണോ അത് ബോധ്യപ്പെടുത്തുക ബഹുമാനപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന്റെ നാനോന്മുഖമായ പുരോഗതിയിൽ ബഹുമാനപ്പെട്ട മോഹല്യമ്യങ്ങളും മാനേജ്മെന്റും കൈ മുഖാമുഖം നിന്ന് ചർച്ച ചെയ്ത് കൈ പ്രവർത്തിക്കുക അപ്പൊ സ്ഥാപനത്തിന്റെ പുരോഗതി നാല് അഞ്ച് അഞ്ച് സ്ഥാപനത്തിന്റെ ധനാഗമന മാർഗങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും മാനേജ്മെന്റും ഒത്തുശ്രമിക്കുക മാനേജ്മെന്റും അലിമുകളും ഒന്നിച്ചിരുന്ന് നല്ല മനസ്സോടുകൂടി തുറന്ന മനസ്സോടുകൂടി ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകൾ മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന് സാമ്പത്തികമായ ശേഷിയും സമ്പുഷ്ടിയും ഉണ്ടാവണം അതിന് എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കാൻ കഴിയും എന്ന് കൂടിയിരുന്ന് ചിന്തിക്കുക ചർച്ച ചെയ്യുക അത് കണ്ടെത്തി അത് പ്രാവർത്തികമാക്കുന്നതിൽ അത് കൈവരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മോല്യമുകളും മാനേജ്മെന്റും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇതിനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് എന്റെ ബഹുമാനപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ച് ശ്രമിച്ചാൽ ഒരൊറ്റ ടീമായി നമ്മൾ നിൽക്കുന്നുവെന്ന് കണ്ടാൽ ഇതിൽ നിന്ന് ഒരു പൈസ പോലും മിസ് യൂസ് ചെയ്യപ്പെടുന്നില്ല ഒരു പൈസ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല നമ്മൾ എന്ത് ചെലവഴിക്കുന്നുണ്ടോ അത് കൃത്യമായി ഇത് ഫലവത്താവുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി നാട്ടുകാരെ വിളിച്ചുകൂട്ടി സമുദായ സ്നേഹികളായ നല്ല മനുഷ്യന്മാരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വേണ്ട ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് അത് പങ്കുവഹിക്കാൻ ജനം തയ്യാറായിരിക്കും ഒരു സംശയമില്ല അതിന് ഈ കൂട്ടായ്മയാണ് ആവശ്യം ഈ കൂട്ടായ്മയാണ് ആവശ്യം മാലിന്യകൾ ഒന്ന് പറയുമ്പോ മാനേജ്മെന്റ് അത് ഓരോ കാര്യമാണ് എന്റെ നിലയ്ക്ക് സമീപിക്കാതെ എന്ന് നിലക്ക് സമീപിക്കാതെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭരിക്കാൻ വരുന്നൊരു കൂട്ടരാണ് അവർ പരമാവധി ചൂഷണം ചെയ്യുക എന്ന് മാലിന്യകൾ ചിന്തിക്കാതെ രണ്ടു കൂട്ടരും തോളോട് തോളൊരുങ്ങി മുഖാമുഖം നിന്ന് കൈ കോർത്ത് പിടിച്ച് ജനങ്ങളെ സമീപിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിച്ചാൽ ജനങ്ങളിൽ നിന്ന് തികച്ചും നല്ല റെസ്പോൺസ് ലഭ്യമാകും വക്രമായ മാർഗം ഒന്നും നമുക്ക് വേണ്ട വ്യാജമായ മാർഗങ്ങൾ സ്വീകരിക്കണ്ട സാമ്പത്തിക സമാഹരണത്തിന് തികച്ചും നീതിയുക്തമായ സത്യസന്ധമായ നൽ പരിശുദ്ധമായ ഹലാലും തൊയ്വുമായ മാർഗങ്ങൾ അത് മാത്രമേ പള്ളിക്കും മദ്രസക്കും നമ്മുടെ കുടുംബത്തിന് പോലും നാം സ്വീകരിക്കാവൂ ബഹുമാനപ്പെട്ട മദ്രസയെ സംബന്ധിച്ചിടത്തോളം ദീനിയോലും പകർന്നു നൽകുന്നതാണ് ഒരു വക്രമാർഗവുമില്ലാതെ ആളുകളെ കബളിപ്പിക്കാതെ ത്വയീബായ ഹലാലായ ത്വയീപായ മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്താൻ ബഹുമാനപ്പെട്ട മാനേജ്മെന്റും മാലിന്യങ്ങളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തി സഹകരിച്ചുകൊണ്ട് അത് പ്രവൃത്തി പഥത്തിൽ ീടെ ഞാൻ അനുഭവിച്ച ഒരു കാര്യം ഒരു സ്ഥാപനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ഇവിടെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു ഒരു വഴവിൽ സംഘടിപ്പിച്ചു ആ വഴവിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് ആളുകളിൽ നിന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മുടെ മദ്രസയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ന അതിൽ പങ്കുവഹിക്കാൻ കഴിവുള്ള ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ സഹർഷം സന്തോഷപൂർവ്വം ഓരോരുത്തരും ഓരോരുത്തരും മുന്നോട്ട് വന്ന് സംഖ്യകൾ ഓഫർ ചെയ്ത് നിഷ്പ്രയാസം മിനിറ്റുകൾ കൊണ്ട് ആ കാര്യം സാധിപ്പിച്ചത് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ടവരെ ധനാഗമ ധനാഗമന മാർഗത്തിൽ ധന ശേഖരണ നാം സഹകരിച്ച് പ്രവർത്തിക്കുക ആറാമതായി സൂചിപ്പിക്കാനുള്ളത് ആറാമതായി സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇനി നിവൃത്തില്ല നിർത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളിലും അവിടെ ദീനീനിഷ്ഠയിൽ ശരിയായി ഇടപെടാനുള്ള സ്വാ തയ്യാറെടുപ്പ് സന്നദ്ധത ബഹുമാനപ്പെട്ട മാലിന്യങ്ങളിൽ ഉണ്ടാവുകയും അതിനുള്ള സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് നൽകുകയും ചെയ്യുക ഏഴ് ഏഴ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ സമയനിഷ്ഠ ആകർഷകമായ അധ്യാപനം പ്രായോഗിക പരിശീലനം തുടങ്ങി വിവരിക്കേണ്ടതാണ് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മദ്രസാരംഗം മദ്രസാരംഗം ശോഭനവും പ്രയോജനകരവുമാക്കി അതിനുള്ള സാഹചര്യം മാനേജ്മെന്റ് നൽകുക ഓരോ മദ്ര ഓരോ മദ്രസയിലും ഉയർന്ന ക്ലാസ്സുകൾ സ്ഥാപിക്കാൻ ഉയർന്ന ക്ലാസുകൾ പഠിക്കാൻ കുട്ടികളെ പ്രേരിതരാക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സന്നദ്ധരാവുക ക്ലാസുകൾ നടത്താനും എല്ലാ കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവരാനും മാനേജ്മെന്റ് സഹകരിക്കുക ഓരോ മദ്രസയിലും പ്ലസ് ടു ഏറ്റവും ചുരുങ്ങിയത് സെക്കൻഡറി തലത്തിലേക്കെങ്കിലും നമ്മുടെ മതസ്സ ഉയർത്തുകയും എല്ലാ കുട്ടികളെയും അതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക ഒമ്പത് അധ്യാപക ക്ഷാമം പരിഹരിക്കാനുള്ള മാർഗമാണ് വിശദമാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിവൃത്തിയില്ല അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട മാലിമുകളും പിന്നെ മാനേജ്മെൻറ്റും ഒത്തു ശ്രമിക്കേണ്ടതുണ്ട് കഴിവുറ്റ കഴിവുള്ള കുട്ടികളെ ചെറുപ്പത്തിലെ കണ്ടെത്തി കുട്ടികളെ കണ്ടെത്തി ഡെറസുകളിലേക്കും ദാർഹുദ സ്കീമിലേക്കും വാഫിയ സ്കീമിലേക്കും നമ്മൾ തുടങ്ങിയിട്ടുള്ള ജൂനിയർ കോളേജുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് അവരെ ആ വഴിക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ ബഹുമാനപ്പെട്ട മൊഹല്യമുകളും രക്ഷിതാക്കൾ മാനേജ്മെന്റും ഈ കാര്യം ശ്രദ്ധ പതിപ്പിച്ചാൽ കൊല്ലങ്ങൾ കൊണ്ട് തന്നെയെങ്കിലും അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും ഒമ്പത് അതാണ് പത്ത് ബഹുമാൻ മഹല്യം സമ്പത്ത് ി എന്നാൽ അവർക്ക് കിട്ടേണ്ട സംഗതികളൊക്കെ കിട്ടണം അത് മാനേജ്മെന്റ് ചെയ്യണം ഈ രംഗത്ത് നിലയുറപ്പിച്ച് ഇഹ്ലാസോടുകൂടി അള്ളാഹുനെ ദീപിനു വേണ്ടി സമസ്തയുടെ ലാബണിൽ സമസ്തയുടെ നേതൃത്വത്തിൽ അള്ളാഹുലുദ്ദീനു വേണ്ടി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട മാലിലും സഹോദരന്മാരും അവരെ എന്ത് വില കൊടുത്തും അവരവൻ്റെ മനസ്സയിൽ തന്നെ ദീർഘകാലം സേവനം ഉറപ്പുവരുത്താൻ ബഹുമാനപ്പെട്ട മാനേജ്മെന്റും ശ്രദ്ധപതിപ്പിക്കുക അങ്ങനെ മാലിന്യം സമ്പത്ത് കാത്തുസൂക്ഷിക്കുക പത്ത് ഈ പത്ത് കാര്യങ്ങൾ പൂർണ്ണമായും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒത്തുചേർന്നാൽ മനോഹരമായ ഒരവസ്ഥ കൈവരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓതി വെച്ച് ആയത്തിലേക്ക് പോകാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു അഹമ്മദുൽ എല്ലാവരും ദഹ ചെയ്യണം കുറെ ആൾ ദാഹ വസ്തു ചെയ്തിട്ടുണ്ട് പറച്ചവൻ നമ്മളൊക്കെ ദ്വാ സ്വീകരിക്കട്ടെ അള്ളാഹുത്ത നമ്മളൊക്കെ സാലഹങ്ങളാക്കിത്തരട്ടെ അസ്സാമലൈക്കും വറഹമുല്ലാഹി വാ